അള്ളാഹു സുബഹാനഹുവറ്റലായുടെ മാർഗ്ഗത്തിൽ വേണ്ടവിധത്തിലുള്ള പോരാട്ടം നടത്തുക അവൻ നിങ്ങളെ തെരഞ്ഞെടുത്തു മതകാര്യങ്ങളിൽ അവൻ നിങ്ങൾക്ക് യാതൊരു പ്രയാസവും ഉണ്ടാക്കിയിട്ടില്ല അത് നിങ്ങളുടെ പിതാവായ ഇബ്രാഹിം അലഹിസ്ലാമിന്റെ മതമാണ് മുൻപും ഈ ഗ്രന്ഥത്തിലും അവൻ നിങ്ങളെ മുസ്ലിംകൾ എന്ന് പേരിട്ടു അങ്ങനെ ദൂതൻ നിങ്ങൾക്ക് സാക്ഷിയാകാനും നിങ്ങൾ മനുഷ്യർക്ക് സാക്ഷികളാകാനും വേണ്ടിയാണത് അതിനാൽ നിങ്ങൾ നമസ്കാരം നിലനിർത്തുകയും ജക്കാത്ത് നൽകുകയും അള്ളാഹു സുബഹാനഹുവലാവിനെ മുറുകെ പിടിക്കുകയും ചെയ്യുക അവനാണ് നിങ്ങളുടെ രക്ഷാധികാരി എത്ര നല്ല രക്ഷാധികാരിയും എത്ര നല്ല സഹായിയുമാണവൻ